പറഞ്ഞ എന്താണ് അഭിമാനം മനുഷ്യാഭിമാനം ജാത്യഭിമാനം ഇതൊന്നുമില്ലാത്തവർക്ക് അവരവർക്ക് വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾക്ക് അധികാരമില്ല പശുശൂദാദികൾക്ക് ഇപ്പോ ബ്രഹ്മജ്ഞാനിക്ക് മനുഷ്യാധികാരമില്ല ജാത്യഭിമാനമില്ല അവർക്കും വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ഒന്നും അവർക്കും അധികാരമില്ല അതുകൊണ്ട് അവര് ചെയ്യത്തില്ല എന്നാണ് എന്തുകൊണ്ടും ബ്രഹ്മജ്ഞാനി കർമ്മം ചെയ്യുന്നില്ല ബ്രഹ്മജ്ഞാനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ കാരണം കർമ്മം ചെയ്യണമെങ്കിൽ അഭിമാനം വേണം ഞാൻ മനുഷ്യനാണെന്ന് അഭിമാനിക്കണം ഞാൻ ബ്രാഹ്മണനാണെന്ന് അഭിമാനിക്കണം ക്ഷത്രിയനാണെന്ന് അഭിമാനിക്കണം മത്സ്യനാണെന്ന് കർമ്മങ്ങളൊക്കെ വിധിച്ചിരിക്കുന്ന ഈ ജാതികൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് രാഷ്ട്രീയ സ്വാമിമാര് ശൂദ്രന്മാർ പറഞ്ഞിടക്കും പോലല്ല ഇപ്പോ ശൂദ്രസ്വാമിമാര് പറയുമ്പോൾ എന്താണ് കർമ്മങ്ങൾ വിരിച്ചിരിക്കുന്നത് മനുഷ്യ അഭിമാനമുള്ളവർ ജാത്യഭിമാനം ഉള്ളവർക്കാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ ബൈശൻ എന്നുള്ള അഭിമാനമുള്ളവർക്കാണ് ആ ജാതി അഭിമാനത്തിൽ തന്നെയാണ് വർണ്ണാഭിമാനം എന്നും പറയും അവർക്കാണ് അപ്പം ജാതിയും വർണ്ണവും ഒന്നു തന്നെയാണ് രണ്ടല്ല രണ്ടാണെന്ന് ഇന്ന് പറഞ്ഞു വരുത്തുന്ന ഇന്നത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്നു കാരണം ജാതി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ വെറുക്കുന്നു അപ്പൊ ജാതിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് ആർക്കും പിടിച്ചു നിൽക്കാൻ അതുകൊണ്ട് ആൾക്കാരുടെ വെറുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ജാതി വേറെ വർണ്ണം വേറെയെന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിന് ഞങ്ങള് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇന്നത്തെ ശൂദ്രസ്വാമിമാരല്ല അതൊന്നും അല്ലാന്നുകൂടെ ഇത് മനസ്സിലാകും ഇതൊക്കെ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്നാണ് ശരിക്കും ശാസ്ത്രജ്ഞർ ജാതിയും ഒന്ന് തന്നെയാണ് ജാത്യഭിമാനമുള്ളവനാണ് കർമ്മം വിധിച്ചിരിക്കുന്നത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ മൈശൻ അഭിമാനമുള്ളവർക്ക് കർമ്മം വിളിച്ചിരിക്കുന്നു ആ അഭിമാനമില്ല കർമ്മമില്ല അവസാനത്തിന്റെ ഭാഗം ഈ ജാതി പേരെന്ന് പറയുന്നത് പഴയകാലത്ത് എന്താണ് അതൊക്കെ സ്വാഭാവികമായിട്ടാണ് ഓരോ ജാതികളും വടക്കീ നിലകളെങ്കിൽ ശർമ്മ വർമ്മ ഇവിടെ ആണെങ്കിൽ നമ്പുകരി നായര് പണിക്കര് ഇങ്ങനെയൊക്കെ ഓരോ ജാതി പേരുകൾ പഴയകാലത്ത് വെച്ചിരുന്നു അപ്പോ ജാതി പേര് വെച്ചാൽ മനുഷ്യരെ അങ്ങ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പേര് ചോദിക്കുമ്പോൾ ജാതിയോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവന് ഒന്നിൽ മേൽസ്ഥാനോ അല്ലെങ്കിൽ കീഴ്സ്ഥാനോ ഉറപ്പാണോ ഇങ്ങനെ കൂടുതലൊന്നും പറയേണ്ട കാര്യം അന്നത്തെ ജാതി വ്യവസ്ഥയനുസരിച്ച് പക്ഷെ ഇന്ത്യ ഇതൊക്കെ വളരെ സൂത്രമായിട്ടാണ് പ്രയോഗിക്കുന്നു ഇന്നത്തെ ഈ ജാതി രാഷ്ട്രീയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജാതി പേര് ഉപേക്ഷിക്കുന്നതെന്നെ ഒരു ചറിയണം മനസിലായോ നമ്പൂതിരി എന്ന് പറയുന്ന ആള് പവിത്ര നമ്പൂതിരി ആണെങ്കിൽ നമ്പൂതിരി എന്നുള്ള പേരുപേക്ഷിച്ചിട്ട് അയാള് പവിത്രൻ എന്ന് മാത്രം വയ്ക്കും ഈ പവിത്രൻ എന്ന് മാത്രം വയ്ക്കുന്നത് വലിയൊരു തട്ടിപ്പാണ് അപ്പോ ഈ പവിത്രൻ എന്ന പേര് കാണുമ്പോഴത്തേക്ക് ഇവനെന്ത് ചെയ്യാം ഇവന് ഈ നമ്പൂതിരിയുടെ ആശയങ്ങള് പറയാം നമ്പൂതിരി ഏത് ആശയത്തെയാണോ പ്രതിജ്ഞാനം ചെയ്യുന്നത് പറയാം പക്ഷെ ഇവൻ പറയുന്ന ഏകുന്നവന് ഇവനെ തിരിച്ചറിയാൻ പറ്റില്ല നമ്പൂതിരിയാണ് മനസിലായോ അപ്പൊ ഇവയ ജാതി പേര് ക്കുന്നത് തന്നെ എന്താണ് അതൊരു ഒരു തട്ടിപ്പാണ് എന്താ ജാതി അഭിമാനം ഇല്ലാത്ത കൊണ്ടല്ല അത് ജാതി പേര് ഒളിച്ചു വെച്ചിട്ട് ജാതിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിട്ടാണ് ജാതി പേര് ഒളിച്ചു വയ്ക്കുന്നത് കാരണം ഇപ്പോൾ അയാള് പറയുന്ന കാര്യങ്ങൾ അയാളുടെ പേരിന്റെ കൂട്ടത്തിൽ നമ്പൂതിരി ഇന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ വരുമോ ഇപ്പൊ നമ്പൂതിരി ആയതുകൊണ്ടാണ് അവൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞ ആൾക്കാർ തള്ളിക്കളയും അതിഷ്ടമില്ലാത്തവർ ഇതങ്ങനെയല്ല ഇവന്റെ പേരിന് കാണുമ്പോൾ ഇവനെ തിരിച്ചറിയാൻ പറ്റില്ല ഇവൻ പറയുന്ന എന്താണ് നമ്പൂതിരിയുടെ കാര്യമാണ് അപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ നമ്പൂതിരി അല്ലാത്തവൻ പറയുന്നതായത് കൊണ്ട് ഇതെന്തോ കഴമ്പുള്ള കാര്യമാണെന്ന് കേൾവിക്കാരൻ തെറ്റിദ്ധരിക്കും അപ്പോൾ ഒരു ഗൂഢതന്ത്രമാണെന്ന് ജാതി പേരുപേക്ഷിക്കുന്നു അങ്ങനെ മാറിക്കഴിഞ്ഞു മനസ്സിലായ ഞാൻ പറഞ്ഞത് ജാതി പേര് മാറ്റി വച്ചിട്ട് ഇവനെന്ത് പറയും ജാതിയുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ആൾക്കാരെന്ത് ചെയ്യും ഇവൻ ജാതി ഇല്ലാത്തവനാണെന്ന് ധരിക്കും ജാതി ഇല്ലാത്തവൻ പറയുന്നതാണ് ഈ പറയുന്നതെന്ന് ധരിക്കും അങ്ങനെയല്ല ഇവന് ജാതി ഉണ്ടെന്നും പറയുന്നു ജാതിയുടെ കാര്യങ്ങൾ തന്നെയാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ടാണ് ജാതി വാരുപയോഗിക്കാതിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ജാതി വാരുപയോഗിക്കാതിരിക്കുന്നത് എന്തെങ്കിലും പുരോഗമനം ഒന്നു പറയാൻ പറ്റില്ല അത് വെറുതെ ആൾക്കാരെ ധരിപ്പിക്കാൻ വേണ്ടിട്ട് മാത്രം പറയണം അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പവിത്ര നമ്പൂതിരി പവിത്ര നമ്പൂതിരി പ്രസംഗിക്കുകയാണ് ജാതി വേറെയാണ് വർണ്ണം വേറെയാണ് ജാതി വളരെ മോശമാണ് എന്താണ് വർണമെന്ന് പറയുന്നത് നല്ലതാണ് അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യനെ വിഭജിക്കുന്നതാണ് കൊണ്ട് നമ്മളതൊക്കെ സ്വീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേ കേൾക്കുന്ന ആള് എന്താണ് ധരിക്കുന്ന എന്താണ് എന്തായാലും ഇവൻ ജാതിയുടെ ആളല്ല കാരണം ഇവൻ നമ്പൂരിയല്ലോ അപ്പൊ എന്തായാലും ജാതിയുടെ ആളല്ല ഇവരും പവിത്രനാണ് അപ്പൊ ഈ പറയുന്നതിന് എന്തോ കഴമ്പുണ്ട് അപ്പം ജാതിക്കെതിരാണ് ിവൻ പറയുന്ന വർണ്ണ എന്ന് പറയുന്നവ സ്വീകരിക്കത്തക്കാണെന്ന് ധരിക്കും വാസ്തവത്തിൽ ആ ജാതി എന്ന് പറയുന്ന ആശയത്തെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ് വേറെ രീതിയിലൂടെ അതിനെ സമൂഹത്തിൽ കൊണ്ടുവരികയാണ് ഗുണകർമ്മങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി മറ്റത് ഇന്നത്തെ കാലഘട്ടത്തിന് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന് സ്വീകരിക്കാൻ വയ്യാത്തോണ്ട് അതിനെ വിട്ടിട്ട് അതിന് പകരം വർണ്ണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും പഴയ കാര്യങ്ങൾ കൊണ്ടുവരികയാണ് അത് പറയുന്നതിന് വേണ്ടിയിട്ട് അവൻ സ്വയം ഒരു വ്യാജ പേര് സ്വീകരിച്ചിരിക്കുകയാണ് പവിത്രൻ നമ്പൂതിരി ആരായി മാറി പവിത്രനായി മാറി ഇത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേത് ഇതിനെക്കാളിത് അപകടമാണ് മറ്റേപ്പോ പവിത്രൻ നമ്പൂതിരി നമ്പൂതിരിയാണ് അപ്പൊ അവൻ എന്തായാലും പറയുന്നത് നമ്പൂതിരിയുടെ കാര്യമായിരിക്കും പഴയ ജാതിക്കാരുമായിരിക്കും എന്നുള്ള ധാരണ മനുഷ്യന്റെ മനസ്സിൽ നിന്നും പോകുകയും അവൻ ഈ നമ്പൂരിൽ കളഞ്ഞോണ്ട് പിന്നെ യവൻ പറയുന്നതിനൊരു അക്സപ്റ്റൻസ് വരും സമൂഹത്തിൽ കാരണം എന്തായാലും ആ ജാതിയുടെ ആളല്ലല്ലോ അവയവൻ വരും മറ്റാണെങ്കിൽ പറയുന്നത് ശ്രദ്ധിക്കാത്തേയില്ല അതുകൊണ്ട് ഇതൊരു വ്യാജ വേഷം കെട്ടലാണ് പലരും ഈ ജാതി പേരുപയോഗിക്കുന്നു അതൊരു സദുദ്ദേശത്തിലല്ല ഇങ്ങനെയുള്ള പ്രതിലോഭപപരമായ ആശയങ്ങള് എന്താണ് സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് ജാതി ഐഡന്റിറ്റിയെ മറച്ചു വെച്ചിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജാതി പേരുകൾ ഉപേക്ഷിക്കുന്നത് ആ പേര് സൂത്രപ്പണിയായി മാറി അതും പൗരോഹിത്യ ബുദ്ധിയുടെ ഒരു ഇതാണ് അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം പേര് പവിത്രം നമ്പൂതിരി എന്ന് വയ്ക്കണം എന്നിട്ട് അവൻ ജാതിക്കെതിരായി സംസാരിക്കണം എന്താ അതിനുവേന്തിനാ ഈ പേര് ഈ വാലിന്റെ തുമ്പ് മുറിച്ച് കളയുന്ന എന്തിന് പേരിന്റെ വാലന്തിനാ മുറിച്ച് കളയുന്ന പറയണം അത് ശരിയല്ല അതിന്റെ ദോഷം ഉണ്ടെന്ന് സത്യസന്ധമായി പറയണം അപ്പൊ ഇത് ഒളിച്ചു കിടത്താൻ പറ്റില്ല അപ്പൊ ഈ പ്രാചീനമായ പൗരോഹിത്യവും മറ്റും ഒളിച്ചുകിടത്തുന്നതിന് വേണ്ടി ഇന്നൊരു ആൾക്കാര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ജാതി ഈ പേരുകൾ ഉപേക്ഷിക്കുന്നുണ്ട് അത് വളരെ അവരെ അപകടകാരികളാണ് അവരെ വളരെ സൂക്ഷിക്കേണ്ട അവര് ലോകത്തിനു മുമ്പിൽ അവരവരെ അവതരിപ്പിക്കുന്നത് എന്താണ് ഞങ്ങൾ ജാതി ഇല്ലാത്തവരാണ് ജാതി ഇല്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ ജാതിപ്പേര് ഉപേക്ഷിച്ചത് ഗുരു പറഞ്ഞിട്ടുണ്ട് ജാതിപ്പേര് ഉപേക്ഷിക്കണം അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ കള്ളന്മാരിങ്ങനെ ചെയ്യുമെന്നുള്ളത് ഗുരുവെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു മനസ്സിലായാൽ കള്ളന്മാർ ഇങ്ങനെ ചെയ്യുന്നൊന്നും ചിന്തിച്ചില്ലായിരുന്നു അവര് ജാതി പേരുപേക്ഷിച്ചിട്ട് ജാതിയില്ലാത്തവരായി സമൂഹത്തിൽ അവരവരെ പ്രദർശിപ്പിച്ചിട്ട് എവര് പ്രചരിപ്പിക്കുന്ന ജാതിയുടെ ആശയങ്ങളാണ് അതുകൊണ്ട് ജാതിപ്പേര് ഉപേക്ഷിക്കുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ അതിൽ കാപട്ട്യങ്ങളില്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്ന നല്ലതാണ് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ജാതിയെ സൂചിപ്പിക്കുന്ന പേരു ഗുരു പറഞ്ഞതുപോലെ ജാതിയെ സൂചിപ്പിക്കുന്ന പേരു ഉപയോഗിക്കുന്ന ഉപേക്ഷിക്കുന്നു നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇന്ന് അതും എന്തിനുപയോഗിക്കുന്നു ഒരു കാപ്പ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നാളുപയോഗിക്കുന്നത് പലരും എനിക്കറിയാം അങ്ങനെയുള്ളവര് അവരുടെയൊക്കെ എന്താണ് നമ്പൂതിരിമാര് അവരുടെ പേരിൽ നിന്ന് ആ നമ്പൂതിരി നമ്പൂതിരി നായരൊക്കെ ഉണ്ടവര് ഇവരൊക്കെ ഇവരുടെ പേരിൽ നിന്ന് അത് മാറ്റിവെച്ചിട്ട് ഇവരീ ആശയങ്ങൾ പറയുമ്പോൾ മളച്ച് തിരിച്ച് തിരിച്ച് എന്ത് ചെയ്യും പഴയ ആശയങ്ങൾ എന്നിവർ പറയും അപ്പൊ കേൾക്കുന്നവർ വിചാരിക്കും ഇവർ പേരിൽ നിന്ന് പോലും ജാതി ഉപേക്ഷിച്ചവരാണ് ജാതിയില്ലാത്തവരാണ് ഇവർ പറയും നമ്മൾ സ്വീകരിക്കേണ്ടതാണെന്ന് വിചാരിക്കും അപ്പൊ അത് അതുകൊണ്ട് ജാതി പേര് ഉപേക്ഷിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതെ സ്വന്തം ഐഡന്റിറ്റിയെ മറക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതൊരു കാപട്ട്യമാണ് മറിച്ചു സത്യസന്ധമായിട്ട് ഒരു ജാതിയോടും എന്താണ് ഐഡന്റിഫൈ ചെയ്യാതെ ഒന്നിനോടും താതാൻമ്യപ്പെടാതെ ഞാനൊരു ഹ്യൂമനാണ് മോർ ഹ്യൂമൻ എന്ന് പറയും ഞാൻ കൂടുതൽ ഞാൻ മനുഷ്യനാണ് ആ മനുഷ്യൻ എന്നുള്ള ഭാഗത്ത് നിന്നാണെങ്കിൽ അപ്പൊ അയാൾ പറയുന്ന ആശയങ്ങളും ഒന്ന് തന്നെ ആയിരിക്കണം അതിന് പിന്നെ ഈ എന്താണ് പ്രതിലോഭപപരമായ ആശയങ്ങൾ അവിടെ കടന്നു വരാൻ പാടില്ല അതുകൊണ്ടിപ്പോ ജാതിയുടെ ജാതി പേര് ഇരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ മോശമാകത്തില്ല അയാള് എന്താശയമാണ് പറയുന്നതാണ് മുഖ്യം പിന്നെ ആദർശത്തിന്റെ പേരിൽ ഒരാൾ ജാതി പേര് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ പേരിരിക്കുന്നോണ്ടൊരാള് മോശമെന്ന് പറയാൻ പറ്റില്ല ജാതി പേരിലല്ലല്ലോ അയാളുടെ ചിന്താഗതി എന്താണെന്നുള്ളതിലെ മുഖ്യം കാരണം ജാതി പേരെന്ന് പറയുന്നത് അയാൾ ചേർക്കുന്നതല്ലല്ലോ അയാളുടെ അച്ഛനും അമ്മയൊക്കെ അയാളുടെ രേഖയിലുള്ളതാണ് അവരാൾക്ക് മാറ്റണമെങ്കിൽ ഇന്ന് സർക്കാരിന് അപേക്ഷ കൊടുത്ത് പെർമിഷൻ വാങ്ങിയേ മാറ്റാൻ പറ്റും എല്ലാവരാക്കും മാറ്റാൻ പറ്റില്ല അപ്പൊ ആ പേര് ഉപയോഗിക്കുന്നുള്ളതല്ല പ്രശ്നം അല്ല എന്താശയം പ്രചരിപ്പിക്കുന്ന എന്തായാലും ഇന്ന് ഒരുപാട് വ്യാജന്മാര് ജാതി പേര് ഉപേക്ഷിച്ചിട്ട് ചെയ്യുന്നു ജാതി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രതിലോഭപരമായ ആശയങ്ങൾ പറയുന്നുണ്ട് അവരെ വളരെ അപകടകാരികളാണ് അവരെ സൂക്ഷിക്കുന്നത് മനസിലായ പറഞ്ഞു ഉദാഹരണം പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞു അത് നമ്പൂതിരിന്നെ പറഞ്ഞിട്ടല്ലേ അയാളെന്താ പറഞ്ഞോട്ട് അയാളെ വേറെ എന്താണ് വേഷം മാറ്റിക്കെട്ടുന്നില്ലല്ലോ അയാള് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് എന്താ ആവശ്യം പറഞ്ഞാലും അവരോ ദോഷം പറയാനേ എന്തുകൊണ്ട് അങ്ങനെ അയാളെ മിത്രനെന്ന് മാത്രമേ അറിയത്തുള്ളൂ പറഞ്ഞങ്ങനെയല്ല ആ പേരുപേക്ഷിച്ചിട്ട് സംസാരിക്കുന്നവര് അതാരെന്നാ ഞാൻ ചോദിക്കുന്നവര് ഒരാളുടെ പേര് പറയാൻ അങ്ങനെ ഒരാളുണ്ട് സുനിൽപ്പയുടെ പക്ഷെ വേറെന്നറിയണം അയാളുടെ സർട്ടിഫിക്കറ്റില് അയാളുടെ ജാതി ഉണ്ടോന്ന് അപ്പോ അയാളുടെ സർട്ടിഫിക്കറ്റ് അത് തന്നെ അതെനിക്കറിയത്തില്ല ഞാൻ അയാളുടെ കേൾക്കാറില്ല കാരണം അതൊരു പടപടപടാന്നുള്ള സംഭാഷണമാണ് അയാളുടെ ഒരുപാടിങ്ങനെ അതുകൊണ്ട് ഞാനത് കേൾക്കാറില്ല എനിക്കതിനോട് താല്പര്യം തോന്നാറില്ല കാരണം ഈ വാഗാഡംബരം ഒരുപാട് വാക്കുകളിട്ട് കളിക്കുകയാണ് പറയുന്നതിൽ അങ്ങനെ ഒരു ആത്മാർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് ആ അങ്ങനെ സംസാരിക്കുന്നവർ ഒരുപാട് വാഗാഡംബരം ഉപയോഗിക്കും ഭാഷയിൽ വലിയ കസർത്തുകൾ കാണിക്കും പറയുന്ന വിഷയങ്ങളിൽ സത്യസന്ധത ആത്മാർത്ഥം ഉണ്ടെന്ന് തോന്നത്തില്ല ആ ഇനി അയാള് അതുകൊണ്ട് അയാൾ എന്ത് പറയുന്നു എനിക്കറിയത്തില്ല മനസിലായോ അപ്പൊ ശരിക്കും ജാതി മുറിച്ചു കളഞ്ഞിട്ട് അത് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അത് മുറിച്ചു കളഞ്ഞിട്ട് പറയുകയും പറയുന്ന പഴയ കാര്യങ്ങളാണെങ്കിൽ അവിടെ അതിൽ പഴയത് കടന്നു വരുന്നുണ്ടോ അവർ ഗുരുവിനെ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരാളുടെ പേര് പറയാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇയാളെ കുറിച്ച് എനിക്ക് അയാളെന്താ പറയുന്നെനിക്ക് അറിയത്തില്ല ആര് അതും കുഴപ്പമില്ല ഇടതുപക്ഷക്കാർ ഇപ്പോ ഒരു സംസാരിക്കാറില്ല ഇല്ല ഏഹ് അയാള് പറയുന്നതാ അവരുടെ എന്താണോ ആധ്യാത്മികമാണെന്നെ കൂടി പറയുന്നു അതൊന്നും പറയാൻ പറ്റില്ല ഏ തൃശൂരെന്നു പറയുന്ന ഒരു ആധ്യാത്മികമായ പ്രഭാഷണം നടത്തുന്ന ആളാണ് അപ്പോ പിന്നെ അയാളുടെ ഐഡന്റിറ്റി അയാൾ ഒളിച്ചു വയ്ക്കുന്ന ആളൊന്നുമല്ല അയാൾ ബ്രാഹ്മണനാണ് അയാൾ ബ്രാഹ്മണനാണ് അയാളൊന്നും പറയാൻ പറ്റില്ല തന്റെ ഐഡന്റി ഐഡന്റിറ്റിയെ മറച്ചു വയ്ക്കാൻ വേണ്ടിട്ട് പേരിന്റെ അറ്റത്തു നിന്ന് ജാതി മാറ്റിയിട്ട് വലിയ ഇത് പറയുന്നവരുണ്ടെങ്കിൽ അതാ ഞാൻ ചോദിക്കുന്നത് ഈ ഇടതുപക്ഷമാണെങ്കിൽ പിന്നെ അയാളുടെ പേരിന്റെ എന്താണ് വാല് മാറ്റിയതിന് ശേഷം അയാളുടെ ഇടതുപക്ഷ ആശയം പറയുകയാണെങ്കിൽ നമുക്ക് അതിനൊന്നും പറയാനില്ല ഇടതുപക്ഷ ആശയം വേണ്ടി പറയുന്നില്ല സുരേഷ് ഗോപിയ അയാളൊരു അംഗനെ അയാളെ വീച്ചാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അയാളൊരു മൂടന്നെ വെറും ഒരു സിനിമാടൻ എന്ന് പറയുന്ന യാതൊരു ബോധമില്ലാത്ത ഒരു മനുഷ്യ രാഷ്ട്രീയ ബോധമില്ല സാമൂഹിക ബോധമില്ല സിനിമയിലെ ഡയലോഗുകൾ പറയാനില്ല ഒന്നും അറിയാത്ത ഒരു മനുഷ്യൻ തന്നെ ഒരു മൊണ്ണയാണ് അദ്ദേഹം അതൊക്കെ പറയുന്ന ഒരു ബോധമില്ലാത്ത മനുഷ്യൻ അതൊരു മൊണ്ണയാണ് അയാളെ ശരീരം പോലെ അയാളുടെ ബുദ്ധി പറഞ്ഞിട്ടൊരു കാര്യ അല്ല അയാൾ പറയുന്നത് രാഹുലീശ്വരന് ഞാൻ കേട്ടിട്ടുണ്ടോന്ന് അയാള് പറയുന്നത് ഞാൻ എന്താണ് ബ്രാഹ്മണവാദിയാണ് സവർണപക്ഷക്കാരനാണ് അയാളൊന്നും വിളിച്ചത് വയ്ക്കത്തില്ല അയാൾ പറയുന്നത് അയാൾ പറയുന്നത് ഞാൻ എന്താണ് സവർണപക്ഷവാദിയാണ് അത്യാള് സ്വയം തന്നെ പറയുന്ന ഞാനൊരു സവർണപക്ഷത്തി അപ്പൊ അത് അയാള് അങ്ങനെ പക്ഷെ എന്താണ് ഭയങ്കര സൂത്രക്കാരനാണ് സൂത്ര മൊത്തസൂത്രപ്പണിയാണ് അയാള് ജീവിക്കാൻ പഠിച്ച മനസിലും ജീവിക്കാൻ പഠിച്ച ആളാണ് സൂത്രപ്പണി അറിയാന്നുള്ള ശാംകുമാർ ശ്യാംകുമാർ എന്ന് പറയുന്നത് ജമാലാമിയെ സൂചിപ്പിക്കുന്ന ഒരാളാണ് അയാളുടെ ഞാൻ കേട്ടിട്ടുണ്ട് അയാളുടെ അയാള് ഇതൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ എന്താണ് അയാള് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉണ്ടല്ലോ മാധ്യമം അതിൽ എഴുതുകയും പിന്നെ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അയാള് അയാളുടെ ഒരു ഭാഗം ക്ലിയറില്ല ഈ ഭാഗം ശരിയാണല്ലേ അയാള് ജാതിയെ കുറിച്ചൊക്കെ പറയുന്നത് ശരി തന്നെയാണ് പക്ഷെ അയാൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് അത് മുസ്ലിം തീവ്രവാദത്തെ ഒരു കാരണവശാലും അതിനെതിരായ ഒരു വാക്കു പറയത്തില്ലെന്ന് മാത്രമല്ല എപ്പോഴും ഈ ജമായ ഇസ്ലാമിയായിട്ട് ജമായ ഇസ്ലാമിന്ന് പറയുന്നത് ഇയാള് ഹിന്ദു തീവ്രവാദത്തെ എതിർക്കുന്ന ആളാണ് പക്ഷെ മുസ്ലിംസ് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യും ഈ ശ്യാം ഗോപാൽ എന്ന് പറയുന്നത് എന്നൊന്ന് കണ്ടിട്ടുള്ള ആളാണ് മനസിലായേ ഞാനയാളുടെ ഫാമിലി എനിക്ക് നല്ലോണം അറിയാം ഇയാളെന്ന് പറയുന്ന പഴയ കോൺഗ്രസിന്റെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്തയാളായിരുന്നു രാജീവ് ഗാന്ധിയുമായിട്ടുള്ള അടുപ്പ് കൊണ്ടാണ് ഇങ്ങനെ ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം കിട്ടിയത് അയാൾക്ക് അന്ന് വലിയൊരു സ്ഥാനം കിട്ടി അതുകൊണ്ട് ഒരു കോൺഗ്രസിനോടായൊരു രാഷ്ട്രീയ ചായ് ഉണ്ട് ഇപ്പൊ മനസിലായ അപ്പോ പുള്ളി മറ്റേ പുള്ളി പറയുന്നൊക്കെ ശരി തന്നെയാണ് ജാതിയെ സംബന്ധിച്ചൊക്കെ പുള്ളിയുടെ കാഴ്ചപ്പാടുകൾ ആ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഈ രാഷ്ട്രീയമായി ഒരു നിഷ്പക്ഷ നിലപാട് പറയാൻ പറ്റില്ല കാരണം ഈ ആ പഴയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ളവർ ഒരിത് ഇയാൾക്ക് ഉണ്ട് അപ്പോ അതുകൊണ്ട് ഈ പുള്ളി സംഭരണത്തെ സംബന്ധിച്ചും മറ്റും പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് സംഭരണം അത് അതിന്റെ കാര്യങ്ങളൊക്കെ പുള്ളി വിശദീകരിക്കുന്നുണ്ട് പക്ഷെ പൂർണമായും പുള്ളിയോട് ചോദിക്കാൻ പറ്റി ചെറിയൊരു രാഷ്ട്രീയ ചായ്മപുടി ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ അങ്ങനെയെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് ആത്മാനന്ദ സ്വാമി സാമൂഹ്യ പക്ഷേ അറിയാമായിരിക്കാം ഇവിടെ വന്ന് പഠിച്ച് ക്ലാസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആത്മാനന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ട് അത് ഈ മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് സംസാരിക്കുന്ന ഇസ്ലാമത്തെ പുസ്തകങ്ങൾ റിയില്ല അതെനിക്കറിയത്തില്ല അങ്ങനെ ഇപ്പൊരാള് എന്താണ് മുസ്ലിം സപ്പോർട്ടറിന് വേണ്ടി ഇപ്പൊ രാഹുൽ ഈശ്വരൻ അങ്ങനെയാണ് മുസ്ലിം സപ്പോർട്ടറിന് വേണ്ടി സംസാരിക്കും എന്ന് വെച്ചാൽ അതെന്താ സി വി എന്ന് വെച്ചാൽ അവരുടെ ഒരു നുകൂല്യത്തിനുവേണ്ടി സംസാരിക്കുക അത് ആവശ്യം ഇപ്പൊ തീവ്രവാദത്തെ എതിർക്കണമെങ്കിൽ ഹിന്ദു തീവ്രവാദത്തെയും മുസ്ലിം തീവ്രവാദത്തെയും ഒരുപോലെ തന്നെ എതിർക്കണം അതിൽ പിന്നെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഇയാളെ ഈ അയാളുടെ ഒന്നിലുള്ള പ്രഭാഷണം കേട്ടപ്പോ എനിക്ക് അത് തോന്നുന്നു ശ്യാമകുമാർ ഇവര് ഹിന്ദു തീവ്രവാദത്തെ എതിർക്കുമ്പോ മുസ്ലിം തീവ്രവാദത്തെ എതിർക്കുന്നില്ല അതിനെ ഇവരെന്തിന് അതിന്റെ പേരെ അത് ശരിയായ ഒരു നിലപാടല്ല അങ്ങനെ ചെയ്തു െങ്കി രണ്ടു എതിർക്കും ശ്യാംകുമാറും ബാക്കി പറയുന്ന കാര്യങ്ങൾ ശരിയാ ഈ ഇവിടുത്തെ സ്മൃതി ജാതീയ വിവേചനങ്ങളൊക്കെ കണ്ടെടുത്ത് കാണിക്കുന്നത് നൂറ് ശതമാനോട് യോജിക്കാം പക്ഷെ ജമായത്തെ ഇസ്ലാമിയുമായിട്ട് ഏകന്താ ബന്ധം അതിനെന്തിനാ മതരാഷ്ട്രവാദം പറയുന്ന അവരുമായിട്ട് എന്താ അവരുമായിട്ട് കൂട്ടുകൂടുന്ന എന്താ അടിസ്ഥാനം പറ്റില്ല അത് ശരിയാവുന്ന കാര്യമുണ്ട് തീവ്രവാദം കേറുകയാണെങ്കിൽ എല്ലാവരോടും പറയുന്ന നിലപാട് തന്നെയാണ് മറ്റേയാളും അങ്ങനെയാണ് ഈ ഗുഹവാലും എപ്പോഴും പറയുന്നതാണ് നമ്മളും മുസ്ലിങ്ങളും ഒരുമിച്ചേക്കണം നമ്മളും മുസ്ലിം ഈ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് ഇപ്പൊ ഹിന്ദു എന്ന് പറയുന്നതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും നമ്മളും മുസ്ലീങ്ങളും ഒരുമിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ മതമില്ലേ തീവ്രവാദം ഇല്ലേ ജാതി വിവേചനമില്ലേ ഇതെല്ലാം അവിടെ ഉണ്ടല്ലോ ഇന്ത്യയിലും മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ ജാതി വിവേചനമുണ്ട് വടക്കെ ഇന്ത്യയിലൊക്കെ അത് വളരെ രൂക്ഷമാണ് ഇപ്പോൾ നമ്മളും മുസ്ലിങ്ങളും ഒരുമിച്ചിരിക്കണമെന്ന് കൂടി എപ്പോഴെപ്പോഴും പറയും അപ്പോൾ ഇത് ഇവരുടെ രാഷ്ട്രീയം എന്താണ് അത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയും മാർസിസ്റ്റുകാരും അങ്ങനെ പറയും അപ്പോ ഇവരൊന്നും നിഷ്പക്ഷമായ ചിന്താഗതി എന്ന് പറയാൻ പറ്റിയില്ല ഞാനത് ഇവരെയൊക്കെ പ്രഭാഷണം കേട്ടോ എതിർക്കുകയാണെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും എതിർക്കണം സൗഹരനയ്പ കൂട്ടിയിരുന്നു എന്തുകൊണ്ടാണ് സൗഹര്യനയ്പ ജാതിക്കെതിരായി ഹിന്ദുത്വത്തിനെതിരായി പറഞ്ഞുകൊണ്ട് സൗഹരനയ്പനെ കൂട്ടുപിടിക്കുന്നു പിന്നെ ഒരിടത്ത് സഹോദരനയ്പം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈഴവര് ഇസ്ലാം മതത്തിൽ ചേർന്നതായിരിക്കും നല്ലത് എന്ന് ഒരു സ്ഥലത്ത് സഹോദരനയപ്പോ ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് മതം മാറുന്ന ഒരു വിഷയം വന്നപ്പോ മതമായിരിക്കും ഈഴവർക്ക് നല്ലതെന്ന് ഒരു ലേഖനം എഴുതിട്ടുണ്ട് അതില് സഹോദരനും പറയുന്നു അങ്ങനെ മാറുകയാണെങ്കിൽ ഇസ്ലാം മതത്തിലാണ് സാഹോദര്യം അതിലേക്ക് ചേരുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരെല്ലാവരും സഹോദരനയപ്പനെ ഈ മുസ്ലിം പക്ഷവാദികളല്ല സഹോദരനയ്പനെ പിടിക്കുന്നത് കൊണ്ടാണ് അത് സഹോദരനയ്പഴുതിയിട്ടുള്ളതോ പ്രതിനിധിച്ചിട്ടുള്ളതാണ് അതിന്നും ഉള്ളതാണ് പക്ഷെ സഹോദരനയ്പങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അംബേദ്കർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ മുസ്ലിങ്ങളുടെ വർഗീയതയെ കുറിച്ച് അംബേദ്കർ മതന്മാരെന്ന വിഷയം മന്ത്രം മുസ്ലിം മതത്തിലോട്ട് ചേർന്നാൽ എന്തെന്നൊരു ആലോചനയാണ് അംബേദ്കർ തള്ളിക്കറഞ്ഞു കാരണം മുസ്ലിങ്ങള് തീവ്രവാദമുള്ളത് കൊണ്ട് തന്നെയാണ് മലബാർ ലഹള മാപ്പിള ലഹള എന്ന് പറയുന്നത് ഇ എം എസ് പറഞ്ഞപോലെ കാർഷിക സമരമൊന്നും അല്ലാതെ ഹിന്ദുക്കൾക്കെതിരായി നടത്തിയ ലഹള തന്നെയാണെന്ന് വ്യക്തമായി പറഞ്ഞ ആളാണ് അപ്പൊ മുസ്ലീങ്ങൾ തീവ്രവാദികൾ തീവ്രവാദ ആശയം മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞാലാണ് അമ്പക്കർ അപ്പോ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോ ഇവരിലെല്ലാം വെച്ച് ഏറ്റവും എന്താണോ ഈ എന്താണ് ഈ കാര്യങ്ങളെ വളരെ യുക്തിയുക്തമായി കൈകാര്യം ചെയ്ത അമ്പക്കർ അതുപോലെ വേറെ ആരും പറഞ്ഞിട്ടില്ല അംബേദ്കറാണ് ഈ ജാതീയമായതിനർശിക്കുകയും അതേസമയം അതിനുവേണ്ടി മുസ്ലിം പ്രീണനം നടത്താതിരുന്നാൾ ബാക്കിയുള്ള എല്ലാവരും മുസ്ലിം ഒന്നുകിൽ മുസ്ലിം സ്പർദ്ധ അല്ലെങ്കിൽ പ്രീണനം ഒന്നുകിൽ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് മുസ്ലിം സ്പർദ്ധ പറയും അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം പറയും ഇതിൽ നിന്ന് വിട്ടൊരു നിലപാട് സ്വതന്ത്രമായിട്ടൊരു നിലപാടെന്ന് പറയുന്നത് അംബേദ്കർ മാത്രമേ കണ്ടിട്ടുള്ളൂ ചിന്തകന്മാരിൽ അംബേദ്കരിലേ കണ്ടിട്ടുള്ളൂ പിന്നെ സഹോദരിനെ ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാത്തോണ്ട് പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നു കാരണം അന്ന് ഈ മുസ്ലിങ്ങളുടെ ഇതിനെ കുറിച്ചൊന്നും പഠിക്കുന്നതിന് വേണ്ടത്ര മെറ്റീരിയലൊന്നും ഉണ്ടായിരുന്നില്ല ഈ സോഷ്യൽ മീഡിയക്ക് വന്നപ്പോഴെല്ലേ ഈ മുസ്ലിം നബി ആരാണെന്നും ഇതിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നിലപാട് യോജിക്കാൻ പറ്റില്ല കാരണം നേതാജി ഈ ഹിറ്റ്ലറെ പോയി കണ്ട് സഖ്യം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളാണ് ഹിറ്റ്ലർ എന്ന് എന്താണ് ഒരു പിശാലാണ് അയാളെ പോയി സഖ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാജി അംഗീകരിക്കാൻ പറ്റില്ല അരവിന്ദഘോഷം എന്ന് പറയുന്ന ആള് ഈ സാമൂഹിക വിഷയത്തിലല്ല ഒരു തത്വചിന്തകനാണ് സാമൂഹിക വിഷയം ഒന്നും പുള്ളി അറിയാൻ കഴിയാതില്ല ആദ്യകാലത്ത് പുള്ളി എന്താണ് കുറച്ച് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തെങ്കിലും പുള്ളി പിന്നെ ഒരു സ്വപ്ന ലോകത്തിലിരുന്ന് സ്വന്തമായ സിദ്ധാന്തം ഉണ്ടാക്കിയും ഒരു ചിന്തകനായിരുന്നു അതൊരു ചിന്തകനായിട്ട് എടുക്കാൻ പറ്റും ഈ വിഷയമൊന്നും ചർച്ച പുള്ളിക്കൊന്നും മനസ്സിലായിട്ടില്ല പുള്ളി ചിന്തിച്ചിട്ടുമില്ല അംബേദ്കറെ പോലെയൊന്നും പുള്ളിയൊന്നും ചിന്തിച്ചിട്ടില്ല മറ്റു വെറും ഒരു തത്വചിന്തകൻ അത്രയുണ്ട് അംബേദ്കർ ഭാരതത്തിന്റെ എന്താണ് റിയാലിറ്റി എന്നുള്ളതും ഈ രാഷ്ട്രീയക്കാരുടെ കാപട്ട്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒക്കെ ചെയ്ത ആളാണ് എന്നാ പ്രായോഗികമായി ഇ കാര്യങ്ങളൊക്കെ മനസിലാക്കിയ ഒരാളാണ് അതുപോലെ ഇവരാരും വരത്തില്ല ഇന്ത്യയിലുണ്ടായ അപൂർവമായ ജീനീസ് വരില്ല ഒരാളാണ് അത് പോട്ടെ ഇതിലേക്ക് വരും അപ്പൊ ഇവിടെ എന്താ പറയുന്നത് അപ്പൊ ഇവിടെ പറയുന്നു മനുഷ്യാധികാരം പറയുമ്പോൾ മനുഷ്യാഭിമാനവും ജാത്യാഭിമാനവും ഇല്ലാത്തോണ്ട് വിധി വിധി ഇത് പ്രവർത്തിക്കുന്നില്ല തത്വം അപ്പോഴാണ് യോഗിക്കുന്നത് മനുഷ്യാഭിമാനവും ഇല്ല ജാത്യാഭിമാനം ഇല്ലെങ്കിൽ അപ്പോ നിഷേധവിധികളെ അംഗീകരിക്കില്ലല്ലോ നിഷേധവിധി എന്ന് വെച്ചാൽ ബ്രാഹ്മണമൂല ഹന്തവ്യം ഷേധ വിധികൾ അംഗീകരിച്ചില്ലെങ്കിൽ അയാൾ അതൊക്കെ ചെയ്യുമല്ലോ ഇതാണ് പൊറുപക്ഷി പറയുന്ന സമാനമാണ് അടുത്ത് പറയുന്നു നെയ്യോ അങ്ങനെയൊന്നും അല്ലയും സർവതാ മനുഷ്യ അഭിമാനരഹിത മനുഷ്യ അഭിമാനം ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം തീരെ മനുഷ്യാഭിമാനം ഇല്ലെന്നല്ല അതാണ് ഭാമികാരം പറയുന്നത് സിദ്ധാന്തമാണ് മനുഷ്യാഭിമാനം ഇല്ലാന്ന് പറഞ്ഞ ശരി തന്നെ എന്നാൽ ഇതാണ് അദ്വൈതികളെ ഏറ്റവും ഇട്ട് കുഴക്കുന്നൊരു വിഷയമാണ് അദ്വൈതികൾ മൂക്കൊണ്ട് ഇച്ഛ വരയ്ക്കുന്ന ഒരു ഭാഗമാണ് എന്താണ് ഈ ഒരു വിഷയം എന്താണ് മനുഷ്യാഭിമാനം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇന്ന ശകലം ഉണ്ടെന്ന് പറയുക മനസിലാവേ ഒരാളൊരു വലിയ മോഷ്ടാവായിരുന്നു അപ്പോ അയാളെ പോലീസുകാരെ പിടിച്ച് കോടതി വിചാരണ ചെയ്ത് ജയിലിലിട്ട് അപ്പോ അയാൾക്ക് വലിയ മനപരിവർത്തനം വന്ന് ജയിലിന് തുറന്നുവിട്ട് അയാളെന്താണ് എല്ലാവരും പറയുന്നത് എന്താണ് ഞാൻ മോഷ്ടാവല്ല മോഷണം പൂർണമായും മാറി പൂർണമായും മാറി അപ്പോ അയാള് പറയുന്നത് എനിക്ക് വലിയ മനപരിവർത്തനം വന്നിരിക്കയാണ് പൂർണമായും മാറിയെന്ന് പറഞ്ഞു പക്ഷെ അയാള് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ അവിടെ നിന്നൊരു പോലീസുകാരൻ്റെ ഒരു വാച്ച് മോഷ്ടിച്ചോണ്ടാ പുറത്തിറങ്ങി പൂർണമായും മോഷണം മാറി എന്ന് പറയുന്ന ആളൊരു ചെറിയ വാച്ച് കൂടെ മോഷ്ടിച്ചോണ്ടിറങ്ങി എന്ന് പറഞ്ഞ പൂർണമായും ചെറിയ മോഷണം അയാളുടെ ബാക്കിയുണ്ടാകുന്നത് ചെറിയൊരു മോഷണം ബാക്കിയെല്ലാം മാറി ഈ പിന്നെ അയാളെ പിടിച്ചപ്പോ പറയാൻ എന്താ മഴ പഴയ എന്താണ് ഭവന വേതനം ബാങ്കുകളുള്ള ഇങ്ങനെയുള്ള സർവ്വ മോഷണങ്ങൾ ഞാൻ നിർത്തി പിടിച്ചു പറയാന് നിർത്തി പക്ഷെ ഒരു ചെറിയ മോഷണം ഉണ്ട് എന്താണ് അതാണ് ഈ വാച്ച് മോഷണം എന്ന് പറയുന്നത് പോലെ പറയുന്നത് എന്താണ് മനുഷ്യാഭിമാനം എന്താ പൂർണമായും നശിച്ചു അഭിമാനം ഇല്ലെങ്കിലും എന്താണ് പറയുന്നത് ഹിന്ദു അവിദ്യയാ സംസ്കാരം അനുവർത്തതേ പക്ഷെ അവിദ്യ നശിച്ചെങ്കിലും സംസ്കാര അനുവർത്തിയ ഈ അവിദ്യയുടെ സംസ്കാരം അത് കുറച്ചൊക്കെ ഉണ്ട് മാത്രയാന്ന് വെച്ചാൽ ലേശം ഒരല്പം സംസ്കാരം പൂർണമായിട്ടില്ല അവിദ്യയെല്ലാം നശിച്ചു കഴിഞ്ഞു പിന്നെ ആ വിദ്യാ സംസ്കാരം ഒരു ലേശം അനുവർത്തിക്കുന്നുണ്ട് അത് ഉണ്ട് അത് അഭിമാനവും അനുവർത്തുന്നത് അപ്പോൾ കുറച്ച് മനുഷ്യ അഭിമാനമുണ്ട് മോഷണം എല്ലാം പോയെങ്കിലും ഭവന വേതനം ബാങ്കുകളുള്ള മാല മോഷണം പിടിച്ചുപറിയെല്ലാം പോയെങ്കിലും ഒരു ചെറിയൊരു മോഷണമുണ്ട് എന്താണത് വാച്ച് മോഷണം എന്ന് പറയുന്നത് ഇതിന രാമാനുജാചാര്യർ വളരെ നിശദമായി വിമർശിക്കുന്നു യുടെ ക്ലാസ് ആരെങ്കിലും കേട്ടു നോക്കിയാ പിന്നെ വേറെ എന്തൊക്കെ കേട്ടതുപോലെ അതുകൊണ്ട് കാര്യ രാമായ നിശിതമായി വിമർശിക്കുന്നു എന്താണ് ഇതൊന്നും നിങ്ങള് പറയുന്ന ഇതൊന്നും ഒരിക്കലും ശരിയാവുന്ന കാര്യമുണ്ട് അവിദ്യ നശിച്ച നശിച്ചാണ് പിന്നെ നശിച്ചിട്ട് പിന്നെ ഒരു ശകലം ശേഷിക്കുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ജ്ഞാനം കൊണ്ടാണ് നശിക്കുന്നത് അല്ലേ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നതെന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ കുറച്ച് ബാക്കി വെച്ചിട്ട് ഞാനും അജ്ഞാനത്തെ നശിപ്പിക്കും അജ്ഞാനം നശിച്ച പിന്നെ അതിന്റെ സംസ്കാരം ബാക്കി വയ്ക്കും നശിപ്പിക്കുക അതിനാ ബാക്കി വയ്ക്കുന്നത് ഇത് ചോദിച്ച് അദ്വൈതീ വിശ്വാസം കൊണ്ടേ ഗ്രാമാചായും പക്ഷെ അദ്വൈതി എന്തു പറയും അവസാനം ഇതാണ് ഇവിടെ സിദ്ധാന്ത് അവന്യം നശിച്ചാലും എന്തു ചെയ്യും സകല സംസ്കാരം അനുവർത്തിക്കും എന്ന് പറയുന്നു ഇവിടെ തിരിച്ചറിയുന്ന അത്യീതകളും ശരിയാവുന്ന കാര്യ കൊണ്ടാണ് അവര് പറയുന്നത് ഇതുവരെ ആർക്കും ഞാനും ഉണ്ടായിട്ടില്ല ആരും ഇതുവരെ ആർക്കും മോശം ഉണ്ടായിട്ടില്ല അപ്പൊ പ്രശ്നമില്ലല്ലോ ഞാനുണ്ടായാൽ അജ്ഞാനം നശിക്കണം അജ്ഞാനം നശിച്ച ജ്ഞാനം കൊണ്ട് അജ്ഞാനം എന്ന് വെച്ചു കഴിഞ്ഞാ പിന്നെ എന്താണ് ഒരു തുണിയെ തീ കൊണ്ട് കത്തിക്കുന്നുല്ല തീ കൊണ്ട് ഒരു തുണി കത്തിച്ചാലും കൊറേ ഭാഗം കത്താതിരിക്കും മനസിലായ അപ്പൊ ഇവിടെ ഇപ്പോ ഈ ലൈറ്റ് ഓഫ് ചെയ്ത ഇരുട്ട് വരും ലൈറ്റ് ഓൺ ചെയ്തു കഴിഞ്ഞാ ഇവിടെയുള്ള ഇരുട്ട് പോകും അത്ര ഇല്ല പിന്നെ കൊറേ ഇരട്ട ഇവിടെ നടക്കിയിരിക്കുന്നു പറഞ്ഞു ശരിയാവും പോയാൽ മുഴുവൻ പോകും അതേന്നങ്ങനെ പറയുന്നത് അപ്പോ അത് നിഴല് കുറിച്ചുള്ളത് മനസിലവിടെയും വെളിച്ചമുണ്ട് നെഴലടത്തുന്നുണ്ട് വെളിച്ചമുണ്ട് അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നു അപ്പൊ ഇരുട്ടെന്ന് വെളിച്ചം നശിപ്പിക്കുന്ന ഇരുട്ടെന്ന് പറയുന്ന എന്താണ് എന്തായാലും നശിച്ചു കഴിഞ്ഞു പിന്നെ അവിടെ കാണുന്ന എന്താണ് വെളിച്ചത്തിനോടൊപ്പം ഇരിക്കുന്ന അത് വെളിച്ചത്തിനോട് ചേർന്നിരിക്കുന്ന കാര്യമാണ് വെളിച്ചം നശിപ്പിക്കുന്നതല്ല പട്ട് പറയുന്നതല്ല വെളിച്ചം ഇരുട്ടിനെ നശിപ്പിക്കുന്നു എന്നാണ് നശിപ്പിക്കുന്നതെന്തായാലും നശിച്ചു മറ്റു വെളിച്ചം നശിപ്പിക്കുന്നതല്ല ഇത് വെളിച്ചം നശിപ്പിക്കുന്ന ഇരുട്ടിനെ പറയുന്നത് വെളിച്ചം നശിപ്പിക്കുന്ന ഇരുട്ടിനെ വെളിച്ചം വന്നു കഴിഞ്ഞാൽ നശിപ്പിക്കും പൂർണമായും നശിപ്പിക്കും പിന്നെ അത് വിളിച്ചെ നശിപ്പിക്ക നശിപ്പിക്കാത്ത പലതും കൂടെ കാണും ആനന്ദ വീണ്ടും ഇരട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ വിദ്യാലേശം ഉള്ളതുകൊണ്ട് തത് അഭിമാനം വീണ്ടും അഭിമാനമുണ്ട് എന്നാണ് വീണ്ടും പോയതൊക്കെ വീണ്ടും തിരിച്ചു വന്നു എന്ത് ഞാൻ മനുഷ്യനാണ് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ക്ഷത്രിയനാണ് ഞാൻ വൈസു ഞാൻ അഭിമാനം വീണ്ടും വരും എന്നാ അപ്പൊ ബ്രഹ്മജ്ഞാനിക്കും എന്തുവരും തഥാഭിമാനോ അനുവർത്തതേ എന്ന് പറഞ്ഞ പിന്നെ ബ്രഹ്മജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം ചെറുതാണെങ്കിലും വീണ്ടും എല്ലാം വന്നല്ലേ ഇതാണ് ഭഗവതികാരം പറയുന്നത് സമാധാനം അനുവർത്തമാനം ജ ഇനി അനുവർത്തിച്ചാലോ മിഥ്യേതി മന്യോ അത് അസത്യമാണെന്നറിയുന്നുണ്ട് ഒരു പ്രയോജനം ഉണ്ട് എന്താണ് ആ വിദ്യ നശിച്ചു നശിച്ചതിന് ശേഷം വീണ്ടും ഇതെല്ലാം അനുവർത്തിക്കുന്നു ആ വിദ്യാദേശം കൊണ്ട് അനുവർത്തിച്ചാൽ അതൊക്കെ അസത്യം ഒന്നും അസത്യം അറിഞ്ഞ അസത്യം എന്നറിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യുവോ ചെയ്യാതിരിക്കോ എന്ന ചോദ്യം വരും അസത്യം നിറഞ്ഞു ഇതൊക്കെ അപ്പൊ അസത്യം എന്ന് പറഞ്ഞാൽ ക്രമം ചെയ്യത്തില്ല ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു അജ്ഞാനം നശിച്ചു കഴിഞ്ഞു വീണ്ടും അനുവർത്തിക്കുന്നു അനുവർത്തിക്കുമ്പോ വീണ്ടും അനുവർത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു അവിടെ അനുവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം നശിച്ചത് വീണ്ടും ഏതോ തരത്തിൽ അനുവർത്തിക്കും അതിന് ചില എന്താണ് സംസ്കാരം അനുവർത്തിക്കുന്നാണ് ചെല് പറയുന്ന അങ്ങനെയല്ല അവിദ്യാലേശം അനുവർത്തിക്കുന്നാണ് ചെലു പറയുന്ന അങ്ങനെയല്ല സംസ്കാരവും അനുവർത്തിക്കുന്നില്ല ലേശവും അനുവർത്തിക്കുന്നില്ല ഈ മൊത്തം നശിച്ചത് വീണ്ടും അനുവർത്തിക്കുന്നാണ് മിഥ്യയായിട്ട് അനുവർത്തിക്കുന്നു നശിച്ച എല്ലാം മിഥ്യയായിട്ട് ന്യായം പറയുന്നത് വസ്ത്രം പൂർണ്ണമായും കത്തിപ്പോയി പക്ഷേ കാറ്റടിക്കുക കിടക്കുമ്പോൾ അതിൻ്റെ അടയാളം അവിടെ കാണും അതുപോലെ ഇതെല്ലാം നശിച്ചു പക്ഷെ മൊത്തം അതിങ്ങനെ വീണ്ടും കാണുന്നു കാണുന്നവൻ അതെന്താണ് പറയും ചാരമാണെന്നറിയുന്നു അതുകൊണ്ടവൻ അതെടുത്ത് വെക്കുന്നില്ല അതേ മിഥ്യമാണെന്നറിയുന്നവൻ മിഥ്യയാണെന്നറിയുന്നവൻ പിന്നീട് മിഥ്യയാണെന്നറിഞ്ഞ പിന്നെ അവൻ ശരിക്കും അഭിമാനം ഇല്ലല്ലോ അവിടെയുള്ളൊരു സങ്കീർണത വരുന്നത് മിഥ്യയാണ് അസത്യമാണെന്നറിഞ്ഞ പിന്നെ അഭിമാനം വരും സമാധി സമാധി എന്ന് പറഞ്ഞു ഇതൊക്കെ പറയാൻ പറ്റും ഇതൊക്കെ എഴുതാൻ പറ്റും സമാധി എന്ന് ഉള്ളെങ്കിൽ ഇതൊക്കെ ി സമാധിന്ന് ഉണർന്നു വന്നാലേ പറ്റൂ സമാധിന്ന് ഉണർന്നു വരുമ്പോ എല്ലാം നശിച്ച പിന്നെ ഉണരുന്നുള്ള പ്രശ്നം അപ്പോ ഒരു സംസ്കാരം അനുവർത്തിക്കുന്നു പറയണ്ടിന്ന് പറഞ്ഞാൽ ചാരമെന്നുള്ള ആകൃതി കാറ്റടിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഇപ്പൊ തുന്നിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും അടയാളം മുഴുവൻ ഇങ്ങനെ കാണും കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇതെല്ലാം നശിച്ചുകഴിഞ്ഞാലും ഇത് വീണ്ടും അനുവർത്തിക്കുന്നു സംസ്കാരം ഈ പറയുന്നത് സംസ്കാരത്തെയാണ് ശങ്കരായ പറയുന്നത് ശങ്കരായ പറയുന്നത് ചക്രം പിടിച്ച് കറക്കുന്നത് ചക്രം പിടിച്ച് കടക്കിയിട്ട് കൈയെടുത്തു കഴിഞ്ഞാ കറയിക്കൊണ്ടേ അത് ശങ്കരായ പറഞ്ഞതും സയൻസ് എറിയാമ്മയ്യാത്ത ന്യൂട്ടന്റെ ഫസ്റ്റില അതറിയാമ്യാത്തോണ്ടാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് അതാണ് അഞ്ഞൂറ്റൻ്റെ ഫസ്റ്റ് അതാണ് അഞ്ഞൂറ്റൻ്റെ ഫസ്റ്റ് ഇല്ലാന്ന് പറയുന്നത് അത് നിശ്ചലമായ ഇരിക്കുന്ന ഒരു വസ്തുവിൽ പുറമേ ഫോഴ്സ് അപ്ലൈ ചെയ്താലേ അതിന് ചലനം സംഭവിക്കത്തുള്ളൂ മനസ്സിലായ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ഒരു പ്രത്യേക വേഗതയിൽ ഒരു പ്രത്യേക ദിസൈൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് എതിരായി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താല് അത് നിക്കത്തുള്ളൂ ഇതാണ് ഇങ്ങോട്ട് എന്റെ പറയുന്നത് ചുരുക്കത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മടെ ആധുനികമായ മെഷീനറികളും ഈ ലായക്കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത് സയൻസാണ് ശാസ്ത്രലോകം അംഗീകരിച്ചിരിക്കുന്ന ഫിസിക്സ് ആ ഒരു കാര്യം അന്നറിയത്തില്ലോ ആർക്ക് ശങ്കരകാര്ക്കൊന്നും അപ്പോ ഇതൊക്കെ നമ്മള് ഇതാണ് പറയുന്നത് ശനാൻസായി പറയും പണ്ട് മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞപ്പോ നൂറ്റി ഫസ്റ്റിലായെ കുറിച്ച് പറഞ്ഞില്ല അത് ശരിയാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്ന് ഞാനും പഠിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ് അസ്ത്രം പെടുന്ന പറയുന്നത് അത് എന്താണോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി നമ്മളുടെ വ്യത്യാസം അങ്ങന അത് തെർമോ ഡൈനാമിക്സ് ാണ് മാ ചലന നിയമം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ചലിക്കുന്ന അവസ്ഥ നിക്കുന്ന അവസ്ഥ ഇനേഷ്യ ഇനർട്ടായിട്ടുള്ള അവസ്ഥ ഇതിനെ കുറിച്ച് പറയും ശക്തി കൊടുക്കണം പിന്നെ വളരെ കാൽക്കുലേറ്റ് ചെയ്ത മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്കൂളിൽ പഠിച്ച പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ അന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിച്ചാണെങ്കിലും ഈ പറയുന്ന ഈ തത്വചിന്തയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണ് മനസിലായോ അപ്പൊ നമ്മള് ഞാൻ തന്നെ എന്താണ് എനിക്കിത് പഠിക്കണോന്നുള്ള ഒരു ആവേശമായിരുന്നു സ്വന്തം കാര്യം പറഞ്ഞു ഇത് പഠിക്കാനുള്ള ആവേശം കൊണ്ടാണ് ഞാൻ ഈ വഴിയിലേക്ക് വരുന്നത് അല്ലാതെ എന്താണ് അബദ്ധത്തിൽ വന്ന് ചാടിപ്പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈഷമ്യം കൊണ്ടുവന്നു ചാടിയതൊന്നുമല്ല ഇതൊക്കെ പഠിക്കണം മനസിലാക്കണമെന്നും വലിയ ആഗ്രഹം കൊണ്ടുവന്ന ചാടിയാണ് അങ്ങനെ ഞാൻ ഇതങ്ങോട്ടു പോയി പഠിച്ചു കഴിഞ്ഞപ്പോൾ പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹം വന്നു പഠിച്ചത് അങ്ങനെ പഠിപ്പിക്കാനുള്ള ആഗ്രഹം വന്നപ്പോഴാണ് ഇവിടെ വന്നത് പഠിപ്പിക്കാൻ ആഗ്രഹത്തിൽ തന്നെ വന്നു അപ്പോ പഠിച്ചത് പഠിപ്പിക്കുന്ന ജോലിയായി അപ്പൊ ഇതിൻ്റെ ഇടയിൽ ചിന്തിക്കാൻ അവസരം കിട്ടിയില്ല മനസിലായ ചിന്തിക്കാൻ സമയന്താണ് ഒരേ സമയം പഠിക്കുന്നതിനു വേണ്ടി ചെലവാക്കി പിന്നെ വന്ന് പഠിപ്പിക്കത് പിന്നെ ആണ് ഇത് രണ്ടും കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ആയി അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് പഠിച്ച വിഷയങ്ങളെ കുറിച്ച് അന്നും ചിന്തിച്ചതും പഠിക്കുന്ന സമയത്ത് ചിന്തിച്ചു തന്നെ പഠിച്ചത് അപ്പോ പഠിച്ചെങ്കിലും ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചിട്ടില്ലേ ഇപ്പ ഞാൻ ചിന്തിക്കുന്നുല്ലേ മനസിലായോ പഠിച്ച വിഷയങ്ങൾ ഞാൻ പഠിക്കുന്ന സമയത്തും ചിന്തിച്ചും തർക്കിച്ചും ചോദ്യം ചെയ്തും ഒക്കെ തന്നെയാണ് വിളിച്ചത് ആ വിഷയങ്ങളാണ് തർക്കവും വ്യാകരണവും വേദാന്തവും എല്ലാം അങ്ങനെ തന്നെ വിളിച്ചത് പക്ഷെ നമ്മള് അതുവരെ പഠിച്ച വിഷയങ്ങളിൽ ലോകത്തിന് നടക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ ചിന്തിച്ചില്ല അങ്ങനെ അതിനെന്തുകൊണ്ടൊന്നുമില്ല അതിന് സമയം കിട്ടിയില്ല പിന്നെ ഒരുപാട് സമയം കിട്ടി ജീവിതത്തിൽ അങ്ങനെ സമയം കിട്ടിയതിലൊരു പ്രധാനമായ കാരണം ഞാൻ ശിവേരിന്ന് പോയതാണ് ശിവേരി നിന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചിന്തിക്കാനും സമയം കിട്ടത്തില്ല ഞാൻ വീണ്ടും ഈ ദത്തമ്മാ പൂച്ചു ഇത് എന്നെ പറഞ്ഞെന്നെ പഠിപ്പിച്ചോണ്ടിരുന്നു പുരോഗതി ഉണ്ടാവത്തില്ല ചിന്തക്ക് പുരോഗതി വന്ന എന്നാണ് ഏ ചിന്തിക്കാൻ പുതിയ അവസരങ്ങൾ കിട്ടിയപ്പോഴാണ് പിന്നെ ഞാൻ ഈ മറ്റു വിഷയങ്ങളും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചിന്തിച്ചത് ഇതിലൊക്കെ എന്തൊക്കെയാണ് ഗുണവും ദോഷവും പോരായ്മകളും മേന്മയും അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇതിനകത്തുള്ള ഒരുപാട് നന്മയും തിന്മയും കള്ളത്തരങ്ങളും നല്ല കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല ആ ഒരു വ്യത്യാസത്തെ കുറിച്ചാണ് ഇപ്പോൾ വിശ്വനാഥസ വരുന്നത് പണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ ആ പറയുന്നത് പകുതി സത്യമുണ്ട് കാരണം പണ്ട് ഞാൻ ഇത്ര അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതിന് എനിക്ക് സമയവും കിട്ടിയിട്ടില്ല പിന്നെ വേറൊരു വലിയൊരു വ്യത്യാസം വന്നെന്ന് വെച്ചുകഴിഞ്ഞാല് അന്നത്തെ കാലത്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം പുസ്തകത്തെ തന്നെ ആശ്രയിക്കും മനസ്സിലായോ മാത്രമേ ആശ്രയിക്കാൻ പറ്റൂ ഇന്നത്തെ കാലത്ത് പഠിക്കുന്നത് എന്താണ് പുസ്തകങ്ങളെ തന്നെ നമ്മൾ ആശ്രയിക്കുന്നു പക്ഷെ ലോകത്തില് ഏത് യൂണിവേഴ്സിറ്റിയിലിരിക്കുന്ന പുസ്തകങ്ങൾ നമുക്കിവിടെ ഇരുന്ന് വായിക്കാം ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റിയിലും റിസർച്ച് പേപ്പറുകൾ നമുക്ക് വായിക്കാം അതൊന്നും പണ്ട് പറ്റത്തില്ലായിരുന്നു അതിനൊന്നും നമുക്ക് അവസരമില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വായനകളും പഠനങ്ങളും ഇതിനോടൊപ്പം നടന്നപ്പോഴത്തേക്ക് എനിക്ക് എന്റെ പഴയ അറിവുകളെ കൂടുതൽ പുതുക്കാൻ പറ്റി ആ പുതുക്കിയ അറിവും നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഇതുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കാൻ അവസരം കിട്ടി അതുകൊണ്ടാണ് പഴയ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നു വിശാല പരാതി പറയും അതൊരു കുറ്റമല്ല അതിനൊരു കാരണം ഇതാണ് ആധുനികമായി പഠന സൗകര്യങ്ങൾ വർദ്ധിച്ചാണ് ഇതിപ്പോ അമേരിക്കയില് ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധിച്ച ഒരു പേപ്പർ ഒരു വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ ഇരുന്ന് വായിക്കാം മനസിലായ അതാണ് അതിന്റെ ഒരു ഗുണം ആധികാരികമായി നമുക്കിന്ന് പഠിക്കാൻ പറ്റും പണ്ടതല്ലോ നമ്മുടെ ഇവിടെ ഇരുന്ന് എനിക്ക് പരമാവധി സാധിക്കുന്ന എന്താണ് നമ്മുടെ ലൈബ്രറിയിൽ ഇരിക്കുന്ന ബസ്സോട് വായിക്കാം ഇന്നിപ്പങ്ങനെ എന്താ അതുകൊണ്ട് ചിന്താഗതിക്ക് വ്യത്യാസം വരുന്നതാണ് അതുവരും അപ്പോൾ ചിന്തിക്കാനും പഠിക്കാനും എത്ര കാലം നമ്മുടെ ബുദ്ധിക്ക് ശേഷിയുണ്ടോ ആ ശേഷി നശ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അപ്പോൾ എത്ര കാലം ശേഷിയുണ്ടോ അത്രേം കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക പിന്നെ അതിനുശേഷി തീരെ കഴിയാതെ വരുമ്പോൾ അങ്ങ് നിർത്തുക നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ നേട്ടം ഒന്ന് കരുതുക അത്രയാണ് എന്തായാലും ഒരിക്കൽ ചത്തുപോകും അതുവരെ നമ്മൾ അറിഞ്ഞും പഠിച്ചും അറിവിനെ പുതുക്കിയും ജീവിക്കുക മനസ്സിലായോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിടാതിരിക്കുക കഴിയുന്നത്ര അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ തലയിടണമല്ലോ നമുക്ക് ജീവിക്കണ്ടേ അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം ഇതിനുവേണ്ടി ചെലവാക്കുക നമ്മുടെ അറിവിനെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുക അതാണ് നല്ല വഴിയാണെന്ന് ഞാൻ നേരത്തെ തന്നെ തിരിച്ചറങ്ങി അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പഠിക്കാൻ അവസരങ്ങൾ മനസ്സിലാക്കാനും എന്റെ അറിവിനെ പരിഷ്കരിക്കാനും ഒക്കെ പറ്റിയത് അതുകൊണ്ട് എന്താണ് ഈ പറയുന്ന സംസ്കാരം അനുവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ദഗ്ധപടം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരി ഇത് പഴയകാലത്ത് പറഞ്ഞ ഒരു കാര്യമാണ് പഴയ ചിന്തയിൽ അന്നത് അന്നത്തെ മെച്ചപ്പെട്ട ചിന്തകളായിരുന്നു അതിന് സംശയമൊന്നുമില്ല പക്ഷെ ഇന്ന് അതിനകത്തൊക്കെ പല ഫ്ലാസും ഉണ്ട് പല പോരായ്മകളും ഉണ്ട് അതിനകത്ത് ഇന്നങ്ങനെ ആ ഉദാഹരണങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ അതൊന്നും പോരായിരുന്നു മനുഷ്യന് അന്നത്തെ കാളുകൾക്ക് ഇന്ന് ഒരുപാട് അറിവുണ്ടായി അറിവിനെയും നമ്മൾ അംഗീകരിക്കും മനസിലായ അപ്പൊ നമ്മളിത് കൂടുതൽ കൂടുതൽ തെളിവുണ്ടാവണമെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചുണ്ടാവണമെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ഇതിനെ കുറിച്ച് ഗവേഷണവും പഠനവും തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷപാതമില്ലാതെ ചെയ്യണം കഴിയുന്ന സത്യസന്ധമായി ചെയ്യണം അതിനകത്ത് മത രാഷ്ട്രീയ ചായ്വകളൊന്നും വരാൻ പാടില്ല കുറച്ചുകൂടി തെളിച്ചുണ്ടാവും ഒരാൾ പറയുന്ന കേൾക്കുമ്പോ അയാൾ എന്താ പറയുന്ന അയാളുടെ അജണ്ട എന്താണെന്നു നമുക്ക് മനസ്സിലാവും അയാൾ എന്തെങ്കിലും പ്രത്യേക ചായ്വ് വെച്ചുകൊണ്ടാണോ പറയുന്നത് അതെ നമ്മുടെ ചായവെന്ന് പറയുന്ന അറിവിനോടേ പാടുള്ളൂ വേറെതിനോടും പാടില്ല എന്നുവെച്ചാൽ കൂടുതൽ ശരിയായ അറിവും അങ്ങനെ ഒരു നിലപാടെ പാടുള്ളൂ അറിയുക കൂടുതൽ ശരിയായി അറിയുക വേറെ ചായവകളൊന്നും പാടില്ല രാഷ്ട്രീയത്തോടുള്ള ഒരു ചായോ മറ്റേ ചായോ ഒന്നും പാടില്ല അപ്പോ ഗുരുവിന്റെ ഞാൻ മനസിലാക്കുന്നത് ഗുരു സ്വയം തന്നെ എപ്പോഴും എന്ത് ചെയ്തു ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നതും പറയുന്നതും കാര്യമെന്നാണ് ഗുരു സ്വയം തന്നെ തിരുത്തിക്കൊണ്ടത് എപ്പോഴും എന്ത് ചെയ്തു പുതിയ പുതിയ അറിവുകൾ സംശീകരിച്ചുകൊണ്ട് അതൊക്കെ ഉൾക്കൊള്ളാൻ ഗുരു എപ്പോഴും തയ്യാറായിരുന്നു അതുകൊണ്ടാണ് വിഷയം കേട്ടാലും ഗുരു എന്ത് ചെയ്യും എന്നൊരു ചോദ്യം വരും ആ ചോദ്യത്തിന്റെ അകത്ത് എല്ലാം ചിലപ്പോൾ അറിയാമെന്നുള്ള കാര്യമായിരിക്കും ഇല്ലെങ്കിൽ അത് അറിയാൻ വേണ്ടിയായിരിക്കും അറിഞ്ഞതിനെ ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ അവരുടെ അറിവിനെ തള്ളിക്കളയാൻ വേണ്ടിയായിരിക്കും എന്തായാലും അവരുടെ അറിവിനെ പരിഷ്കരിക്കുക എന്ന് പറയുന്നതാണ് ഗുരുവിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഗുരുവിന്റെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വ്യക്തമായും മനസ്സിലാക്കും ആ വഴിക്കാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് അതാണ് ശരിയായ ചിന്തയുടെ വഴി അതാണ് അതാണ് ഞാൻ ഗുരുവിനെ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഉം ശരി അപ്പൊ അത് അങ്ങനെയൊക്കെ പോയി